ഇനി അവതാരത്തിന്റെ ലീലകളും കഥകളും ഒന്നും നടക്കില്ല അടുത്ത ക്ഷണം അല്പമൊന്നും മാറ്റു ദേവകി ഉടനെ പറഞ്ഞു ഭഗവാനെ ഉഗ്രസേദാത്മജാൻ പേടിയൊക്കെ വന്നു ഉഗ്രസേനന്റെ മകൻ കംസനുണ്ടല്ലോ ഭഗവാനെ ഇപ്പൊ വരും അങ്ങയുടെ ഈ കണ്ട രൂപമുണ്ടല്ലോ അതൊക്കെ പറയാൻ തുടങ്ങുമ്പോ തന്നെ മാറിക്കഴിഞ്ഞർത്ഥം രൂപം ഛേദം പൗരുഷം ധ്യാനദിഷ്ട്യം ധ്യാനം കൊണ്ട് അറിയപ്പെടുന്ന ഈ പരമപുരുഷന്റെ രൂപത്തിന് മാംസദൃക്കായിട്ടുള്ള അവന് കാണിച്ചു കൊടുക്കരുത് എന്നാണ് കംസൻ കാണാൻ പാടില്ല അവര് ചൈതന്യത്തിനെ കാണാൻ പറ്റില്ല മാംസത്തിനെ കാണാൻ പറ്റുള്ളൂ മാംസദൃശം ലൗകികന്മാരൊക്കെ മാംസദൃക്കുകളാണ് മറ്റുള്ളവരുടെ ശരീരത്തിനെ കാണുമ്പോൾ അവർക്ക് മാംസമേ കാണൂ ജീവനെ കാണാൻ പറ്റില്ല കുറച്ച് നമ്മൾ ജീവനെ കാണും ചിലർ മാംസഭക്ഷണം ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് ആടും കോഴിയും ഒന്നും കണ്ടാൽ ജീവൻ എന്നുപോലും അവർക്ക് മാംസമേ കാണുള്ളൂ നമുക്ക് പുടവലങ്ങയും കത്തിരിക്കുമൊക്കെ കാണുന്ന പോലെയാണ് മാംസദൃക്കുകൾ മാംസത്തിനെ മാത്രം മാംസം കാണുന്നവന് ചൈതന്യം എങ്ങനെ കാണും മാംസത്തിനെ കാണുന്നവന് ചൈതന്യ ദൃഷ്ടി എവിടുന്നുണ്ടാവും അതുകൊണ്ട് ദേവകി പറഞ്ഞു ഭഗവാനെ ഇപ്പോ അങ്ങ് ജനിച്ചു എന്ന് അറിഞ്ഞ അവൻ ഇപ്പോൾ ഈ രൂപങ്ങൾ മനസ്സുകളെയാണ് അതെന്ന് പറഞ്ഞുവോ ഭഗവാൻ അങ്ങനെ ശങ്കചക്രഗതാപാണിയായി ഭഗവാൻ അങ്ങനെ മുമ്പിൽ പ്രകാശിച്ചു രമണീയരൂപത്തിൽ പ്രകാശിച്ചു എന്നിട്ട് ഭഗവാൻ ഇവരോട് പറഞ്ഞു വസുദേവരോടും ദേവകിയോടും പറഞ്ഞു നിങ്ങൾ രണ്ടുവേലും ത്വമേവ പൂർവസർഗേ ഭൂഹു പ്രശ്നീ സ്വയംഭൂവോ തദായം സുതപാനാമ പ്രജാപതിരകൽമശഹ വസുദേവര് പൂർവ്വ ജന്മത്തില് സുതപസ് എന്ന പ്രജാപതിയായിരുന്നു ദേവകി പ്രശ്നിയായിരുന്നപ്പോൾ ഞാൻ പ്രശ്നിയുടെ ഗർഭത്തിൽ പ്രശ്നിഗർഭൻ എന്ന പേരോടുകൂടി അവതരിച്ചു അതിനുശേഷം അടുത്ത ജന്മം അതിഥി കശ്യപന്മാർക്ക് കശ്യപ പ്രജാപതിക്ക് അതിഥി പ്രാർത്ഥിച്ചതിൽ ഫലമായിട്ട് ദേവന്മാരെ രക്ഷിക്കാനായിക്കൊണ്ട് വാമനമൂർത്തിയായി അവിടെ അവതരിച്ചു പക്ഷെ ഈ രണ്ട് ജന്മത്തിലും ഇവർക്ക് പൂർണമായി ബ്രഹ്മതത്വം പ്രകാശിച്ചില്ല അതുകൊണ്ട് പുനർജന്മം അതോടുകൂടി അവസാനിച്ചുമില്ല ഭഗവാൻ തന്നെ പറയുന്നു ഞാൻ തന്നെ അങ്ങനെ ചെയ്തു എന്നാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു മായയുടെ ഒരു ആവരണം വെച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചതേ നവ്രാധേ അപവർഗം മേ മോഹിതവും അമ മായയാ മായ കൊണ്ട് മോഹിതരായിട്ട് എന്നോട് നിങ്ങൾ മോക്ഷം മുക്തിക്കുള്ള മാർഗം ചോദിച്ചില്ല ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം ചോദിച്ചില്ല അതുകൊണ്ടിതാ വീണ്ടും വസുദേവരായിട്ടും ദേവകിയായിട്ടും നിങ്ങൾ എനിക്ക് അച്ഛനും അമ്മയായി വീണ്ടും വന്നിരിക്കും ഇതാ നിങ്ങളുടെ പുത്രനായി ഞാൻ ജനിച്ചിരിക്കുന്നു ഈ ജന്മത്തില് നിങ്ങൾക്കിപ്പോൾ ദിവ്യരൂപ ദർശനം തന്നു നിങ്ങളോട് വർത്തമാനം പറഞ്ഞത് പൂർവജന്മസ്മരണ ഉണ്ടാക്കാനായിക്കൊണ്ടാണ് ജനിച്ച ഉടനെ ഭാഗവത ദർശനം ഭഗവാൻ പറഞ്ഞു നമ്മളിപ്പോ ഭാഗവത ദർശനം എന്ന് പറയണല്ലോ ഭാഗവത ദർശനം എന്താ വേദാന്ത ദർശനം തന്നെയാ ഭാഗവത ദർശനം സർവവേദാന്ത സാരം യത് ബ്രഹ്മാത്മൈകത്വ ലക്ഷണം എന്ന് ഭാഗവതം തന്നെ പറഞ്ഞു പിന്നെ എന്താ വ്യത്യാസം പക്വമാവുന്നതിന് മുമ്പ് കുടുംബം കുട്ടികള് ബന്ധുക്കളെ ഇതൊക്കെ ഉപേക്ഷിച്ചുപോയി ബ്രഹ്മത്തിനെ ധ്യാനിക്കാൻ ശ്രമിക്കുന്നു എന്തൊക്കെയോ മഹാവാക്യാർത്ഥ വിചാരമൊക്കെ വേദാന്തം ആചാര്യസ്വാമികൾക്ക് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതും വേദാന്തം ഔപനിഷതമായ ഗാംഭീര്യമൊക്കെ വിട്ട് വെറും ഒരു ഇന്റലക്ച്വൽ ജിംനാസ്റ്റിക്സ് ആയിട്ട് മാറി അതിൽ ഘടം പടം ഒരാൾക്കൊന്നും മനസ്സിലാവില്ല വാക്യാർത്ഥ സഭയിലെ ശണ്ടകൂടാൻ കൊള്ളാം ജ്ഞാനത്തിനൊന്നും പ്രയോജനപ്പെടില്ല അതൊക്കെ തന്നെ അക്കാഡമിക്കലായിട്ട് പ്രയോജനപ്പെടും അത്രേയുള്ളൂ ഒരു വാക്കിനെ വെച്ചുകൊണ്ട് നാലു ദിവസം ർക്കും അതാണ് ആചാര്യസ്വാമി പറഞ്ഞത് ഇതുകൊണ്ട് എന്തു പ്രയോജനം ന ശിന്ദലഹരിൽ ഘടോവാ മൃത് പിണ്ഡോപി അണുരപി ധൂമോഗ്നിരചല തടോവ തന്തുർവരിഹരതിക്കും ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസ തർക്കചസ പദോജം ശംഭോർഭജ പരമസൗഖ്യം രജസുധീ ഘടം പടം തന്ത വേഷ്ടി എന്ന് പറഞ്ഞ് എന്തിനും ഒരു ചണ്ട കൂടണമെന്ന് പർവതോവന്യു മാന്തൂമവത്വ എന്നൊക്കെ പറഞ്ഞ് എന്തിനായി ചണ്ട കൂടണം പദാംബോജം ശമ്പോഹോ ഭജ ഭഗവാന്റെ പാദാംബുജത്തിന് നേടൂ ആനന്ദത്തിനെ നേടൂ സർവസംഘ എന്നുള്ള മാർഗം ഉപദേശിച്ച് ഇങ്ങോട്ട് വന്നാൽ ബ്രഹ്മധ്യാനം ചെയ്യുമ്പോൾ അതിൽ മനസ്സ് പ്രവേശിക്കണമല്ല മെനക്കെട്ട് മനസ്സിനെ എന്തല്ലെങ്കിലുമൊക്കെ നിർത്തിയാൽ മനസ്സ് എന്ത് ചെയ്തു അതിന്റെ വാസനയ്ക്കനുസരിച്ച് പിന്നെ ലോകവിഷയങ്ങളിലേക്ക് ഓടിപ്പോകും ആസക്തിയെ വിടാമ്പത്തിലെ ആസക്തിയുടെ പേരാണ് മനസ്സേ മനസ്സേന്ന് വെച്ചാൽ തന്നെ ആസക്തിയാണ് അമ്മയോട് അച്ഛനോട് ബന്ധുക്കളോട് ഭാര്യയോട് ഭർത്താവിനോട് പലവിധ ആസക്തിയുണ്ട് അപ്പൊ ഈ ആസക്തികളൊക്കെ ഉപേക്ഷിക്കൂ എന്നുള്ള മാർഗമാണ് സംസമാർഗം ഉപേക്ഷിക്കുമെന്ന് പറയാം ഉപേക്ഷിക്കാൻ നമ്മളാണോ പിടിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ പിടിച്ചിട്ടുണ്ടാവും പിന്നെ അതല്ലേ നമ്മളെ പിടിച്ചത് ഒരാള് ഒരു കഥ പറഞ്ഞു ഒരാള് നദിയില് ഒരു കമ്പിളി ഇങ്ങനെ മുതങ്ങുപോണത് കണ്ടു ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ കമ്പിളി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകാൻ ഇയാള് നദിയിലേക്ക് എടുത്ത് ചാടി നീന്തി കമ്പിയിലേക്ക് ആയു പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോ വെള്ളം കുടിക്കാൻ തുടങ്ങി നെലവിളിക്കാൻ തുടങ്ങി അവിടുന്ന് അപ്പൊ കരയിലുള്ളവരൊക്കെ പറഞ്ഞു നീയല്ലേ പോയി പിടിച്ചത് വിട്ടിട്ട് വലിയ അയാൾ പറഞ്ഞു ഞാൻ അപ്പോഴോ വിട്ടുപ്പാതെ എന്റെ വിടുന്നള്ളിയാണ് അത് കരടിയായിരുന്നു അത്രേ കമ്പിളിയാണെന്ന് കയറിപ്പോയി പിടിച്ചതാണ് ഇതൊക്കെ മലയാളത്തിലൊരു ചൊല്ലുണ്ട് വിട്ടാലും വിടങ്ങില്ല കമ്പിളിക്കട്ടം കമ്പിളി ചൊല്ലി പിടിച്ചു പിന്നെ അത് പിടിച്ചു അതേപോലെ ആസക്തി ഒക്കെ ഉപേക്ഷിക്കൂ എങ്ങനെ ഉപേക്ഷിക്കും എന്റെ പുറമേക്കുള്ളൊരു സാധനമാണെങ്കിൽ വലിച്ചറിയാം ഇത് പുള്ളിലുള്ള സാധനത്തിന് എങ്ങനെ വിടും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു നമ്മളിപ്പോ തൽക്കാലത്തേക്ക് ഒരു വൈരാഗ്യത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയാലും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പിന്നെയും വെന്തുവരും അപ്പൊ എന്തിന് അപ്പൊ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും ഉപേക്ഷിക്കണ്ട വശുദേവർക്കും ദേവകിക്കും ഉപദേശിച്ചത് ഭാഗവതധർമ്മ സംഗ്രഹമാണ് ഭഗവാൻ പറഞ്ഞു യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേനച് അസകൃത് ചിന്തയന്തോ കൃതസ്നേഹവും മദ്ഗതി പരാം െ എന്റെ പരമമായ ഗതിയെ നിങ്ങൾ പ്രാപിക്കും എങ്ങനെ യുവാം നിങ്ങൾ രണ്ടുപേരും എന്നെ പുത്രഭാവേന് പുത്രനാണെന്ന് കരുതിക്കൂട പുത്രനാണെന്ന് കരുതിയാൽ പുത്രനാണെന്ന് മാത്രം കരുതിയാലോ എല്ലാരെയും പോലെ ആസക്തരായിട്ട് തീരും പൂർവ്വ രണ്ട് ജന്മത്തിലും അതാണ് ചെയ്തത് ശരി ബ്രഹ്മം മാത്രമാണ് പുത്രൻ എന്നെ കരുതുന്നില്ല ബ്രഹ്മം എന്ന് കരുതുകയാണെങ്കിലോ ബ്രഹ്മം എന്ന് വെച്ചാൽ എന്തെന്നെ അറിയില്ല ബ്രഹ്മം ബ്രഹ്മം എന്ന് കരുതിയാലും ഒരു ഭാവബന്ധമേ ഏർപ്പെടില്ല അപ്പോ ഭഗവാൻ പറഞ്ഞു പുത്രൻ എന്ന് കരുതുമ്പോൾ പ്രിയം ഉണ്ടാവും ബ്രഹ്മം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ കരുതണ്ട ഞാൻ എന്റെ വൈഭവം മഹാത്മ്യം കാണിച്ചു തരുമ്പോഴൊക്കെ ഈശ്വരത്വം അല്പ പ്രകാശിപ്പിക്കുമ്പോൾ ഈ പുത്രസ്നേഹത്തിനോടൊപ്പം തന്നെ ഈശ്വരത്വ പ്രകാശനവും കൂടെ ആകുമ്പോൾ സഹൃതല്ല അസഹൃത് ഒരു പ്രാവശ്യം പോരാത്ര പലവട്ടം ഇത് ഈശ്വരനാണ് ഈശ്വരനാണെന്ന് തോന്നി തുടങ്ങുമ്പോ ആത്മീയ വിസ്മൃതി ഉണ്ടാവില്ല അപ്പ എന്താവും പുത്രൻ എന്നുള്ള പ്രിയത്തോടൊപ്പം ബ്രഹ്മം എന്നുള്ള ജ്ഞാനം ചേരുമ്പോ പ്രിയം എന്നുള്ളത് വെറും പ്രിയമല്ല സമാധി ജ്ഞാനികളുടെ ബന്ധത്തിനൊക്കെ അതാണ് സീക്രട്ട് അവരെല്ലാരോടും ബന്ധപ്പെട്ട് നിൽക്കും പക്ഷെ അവർക്ക് ബന്ധപ്പെടുന്ന ബന്ധങ്ങളൊക്കെ തന്നെ സമാധിയാവും അവർക്ക് ആരോടുമുള്ള ബന്ധം മനുഷ്യരെ മനുഷ്യനായിട്ട് കണ്ടുകൊണ്ടുള്ള ബന്ധമല്ല ആത്മാവായി കണ്ടുകൊണ്ടുള്ള ബന്ധമാണ് അതുകൊണ്ട് എന്താ അവർ പ്രത്യേകിച്ചൊരു അറ്റാച്ച്മെന്റ് ഇല്ല പക്ഷെ വളരെ പ്രിയമായിട്ടിരിക്കും ആ പ്രിയമായിട്ടിരിക്കുന്ന ആ പ്രിയം എവിടെ വരുന്നു ഇതൊക്കെ തന്നെ ഈശ്വരന്റെ രൂപമാണെന്നുള്ള ഭാവമാണ് അപ്പൊ എന്താ പുത്രഭാവം ഭാര്യാഭാവം ഭർതൃഭാവം ഒക്കെ ഉണ്ട് അതിനോടൊപ്പം ബ്രഹ്മഭാവം ചേരുമ്പോ അതിൽ ദുഃഖാംശം നീങ്ങിക്കിട്ടുന്നു അങ്ങനെ നമ്മളുടെ വികാരത്തിനൊന്നും എടുത്തു മാറ്റണ്ട വികാരത്തിന്റെ കൂടെ ഭക്തിയെ കൂടെ ചേർത്താൽ മതി കുട്ടിയെ ഒരു ആളിക്കുമ്പോ സാക്ഷാത് ശ്രീകൃഷ്ണൻ എന്ന് വിചാരിച്ചോടാം നമ്മളുടെ ഋഷികൾ തന്നെ ഈ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് ഭർത്താവിനെ ഈശ്വരനായിട്ട് കരുതാം സ്ത്രീകളെയൊക്കെ തന്നെ അംബികയുടെ സ്വരൂപമായിട്ട് കരുതുക കുട്ടികളെയൊക്കെ തന്നെ കൃഷ്ണസ്വരൂപമായിട്ട് കരുതുക ഇതൊക്കെ എന്തെയാണ് പറയണതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം പതുക്കെ പതുക്കെ നമ്മളുടെ ബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിക്കലല്ല ബന്ധങ്ങളെയൊക്കെ ദിവ്യമാക്കി മാറ്റാനാണ് ദിവ്യമാക്കി മാറ്റിയാൽ ഉപേക്ഷിച്ചു ബന്ധങ്ങൾ ബന്ധങ്ങളായി ഉപേക്ഷിക്കപ്പെട്ടു ലോകത്തിനെ ഉപേക്ഷിക്കാൻ അതോരൊറ്റ വഴിയുള്ളൂ ശങ്കരാചാര്യർ തന്നെ ഇത് പറയുന്നു അപരോക്ഷാനുഭൂതി എങ്ങനെ പ്രപഞ്ചത്തിനെ ത്യജിക്കും ത്യാഗ പ്രപഞ്ചരൂപസ് ബ്രഹ്മാത്മത്വ അവലോകനത്തിൽ ത്യാഗോഹി മഹതാം പൂജ്യ സദ്യോ മോക്ഷമയോ വിധുഹോ എന്നാണ് പ്രപഞ്ചത്തിനെ എങ്ങനെ ത്യജിക്കും ത്യജിക്കാൻ ഒരേ വഴിയേ ഉള്ളൂ ബ്രഹ്മാത്മത്വ അവലോകന ഇതൊക്കെ പരമാത്മ സ്വരൂപമാണ് എന്ന് കരുതിയാൽ ആ വസ്തു വസ്തുവായിട്ടില്ലാതായിട്ട് തീർന്നു സ്ത്രീ സ്ത്രീയായിട്ടില്ല പുരുഷൻ പുരുഷനായിട്ടില്ല പിന്നെ ഉണ്ടാകുന്നത് എന്താ ബ്രഹ്മാത്മത്വ ഭഗവത് ദർശനമാണ് അങ്ങനെ കാണുമ്പോ സദ്യ ഇവിടെ തന്നെ ശരീരത്തിലുള്ളപ്പോ തന്നെ മോക്ഷം മുക്തിയുടെ അനുഭൂതിയാണ് സദ്യോമോക്ഷമയ ഒരു ദുഃഹ അപ്പൊ ഭഗവാൻ ഈ ഒരു മാർഗം ജനിച്ച ഉടനെ കൃഷ്ണന്റെ ആദ്യത്തെ പ്രഭാഷണത്തിലെ മെസ്സേജാണ് നിങ്ങളും മാം പുത്രഭാവേന് ബ്രഹ്മഭാവേന് വാത്സല്യഭക്തി എന്ന് പറയുന്നത് അതാണ് പുത്രഭാവേനെ ബ്രഹ്മഭാവേനെ കണ്ടാൽ വാത്സല്യഭക്തി പുരുഷഭാവേനെ തന്നെ സ്ത്രീയായിട്ടും കരുതിയാൽ മാധുര്യഭക്തി യജമാന ഭാവേനെ തന്റെ ദാസഭാവന ദാസഭാവത്തിലും അതിൽ ബ്രഹ്മഭാവം കണ്ടാൽ അത് ദാസ്യഭക്തി വൃത്യനായിട്ട് കരുതികൊണ്ട് സാധാരണ ഒരാൾക്ക് വൃത്യനല്ല സാക്ഷാത് പരമാത്മ എന്നുള്ള ഭാവത്തോടെ ഭൃത്യഭാവം വെച്ചാൽ അത് ഭൃത്യഭക്തി ഭക്തി നമ്മളുടെ വികാരം തന്നെ ഭക്തി ഗീതയിൽ ഭഗവാൻ മൈ ആസക്തമനാഹാപാർത്ഥ എന്ന് പറഞ്ഞു തന്റെ ആസക്തി എന്നിൽ വെക്കു ആസക്തി തന്നെ ഭക്തി പക്ഷെ എന്താ വ്യത്യാസം ആസക്തിയിൽ ഈ ജ്ഞാനത്തിനെ അല്പം ചേർത്തു അത്രയുള്ളൂ ആസക്തി എടുത്തു മാറ്റിയില്ല ആസക്തി എടുത്തു മാറ്റാമെന്നുള്ളത് അശാസ്ത്രീയമാണ് എടുത്തു മാറ്റാൻ സാധ്യമല്ല പിന്നെ എന്തു ചെയ്യാം ആസക്തിയോടുകൂടെ ഭക്തിയെ ചേർക്കുന്നു ആസക്തിയിൽ ജ്ഞാനത്തിനെ ചേർക്കുമ്പോ ആസക്തി ഭക്തിയായിട്ട് മാറും ഇരുമ്പിനെ ചിന്താമണി കൊണ്ട് തൊട്ടാൽ ഇരുമ്പ് സ്വർണമാവുന്ന പോലെ ആൻവീക്ഷോക്കണ ആൻക വിദ്യ എന്നാണ് അതിന്റെ പേര് ആൻവീക്ഷിക അനുക്ഷണം ഈക്ഷണമാണ് വീണ്ടും വീണ്ടും വീണ്ടും ബ്രഹ്മഭാവത്തോടു കൂടെയുള്ള നോട്ടമാണ് ആൻവീക്ഷിക ശരിക്കുമുള്ള ആൻവീക്ഷികതാണ് അതിന് വേറെ പല അർത്ഥവും പറഞ്ഞു കാണും പക്ഷേ ഇവിടെ ഭാഗവതത്തില് പറയുമ്പോ ആൻവീക്ഷികയും അളർക്കായ പ്രഹ്ലാദാദിഭ്രൌചി വാൻ എന്ന് പറയുമ്പോ അത് ബ്രഹ്മദർശനമാണ് അപ്പൊ കാണുന്ന വസ്തുക്കളില് ഓർമ്മ വെച്ചുകൊണ്ട് ഒരു ബന്ധം ഉപേക്ഷിക്കണില്ല പേരക്കുട്ടിയെടുത്ത് മടിയിൽ വെക്കുമ്പോ സാക്ഷാത് കൃഷ്ണൻ കൃഷ്ണൻ തോന്നുക സ്വാമിയാവും കുറുമ്പ് കാണിക്കണെ കണ്ടാലേ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കാം നിങ്ങൾ കൃഷ്ണൻ എന്നൊന്ന് പറയുമോ പറയാം നാലെണ്ണം പണം കൊടുക്കണം തോന്നുന്നില്ലാതെ കൃഷ്ണൻ എന്നൊന്നും തോന്നില്ല അത് അത് അറിയും ഭഗവാൻ വേഗം നമ്മളുടെ ദൗർബല്യം അറിയാം ഭർത്താവിനെ ഈശ്വരനായുടെ ഒക്കെ നിങ്ങൾ പറയാം നിങ്ങൾക്ക് വന്നാലറിയാം അയാൾ കാണിക്കുന്നത് കാണുമ്പോൾ വേറെ പലതും കാണും തോന്നണം അതും ഭഗവാനറിയാം അങ്ങനെ തോന്നണത് കൊണ്ട് പാർക്ക ദോഷം അത് ചിന്തിക്കൂ ഭർത്താവ് നമ്മൾ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോട് വെറുപ്പ് തോന്നും തോറും ദേഷ്യം തോന്നും തോറും ഭർത്താവിനൊരു കുഴപ്പമില്ല നമ്മളുടെ മനസ്സ് ദുഷിച്ചുകൊണ്ടേയിരിക്കും അശാന്തമായിക്കൊണ്ടേയിരിക്കും അല്ലെ അപ്പൊ നമ്മളെ രക്ഷിക്കാനായിക്കൊണ്ട് എന്താ വഴി അയാൾ എന്ത് കാണിച്ചാൽ ഈശ്വരനായിട്ട് തോന്നണം ഇത് നമ്മളുടെ പൂർവ്വകാലത്തുള്ള ഒരു സമ്പ്രദായമായിരുന്നു അവരെത്ര വർഷമാണെങ്കിലും ഭർത്താവ് എന്തൊക്കെയാണെങ്കിലും ഈശ്വരനാണെന്ന് പറയും പഴയ കാലത്തിലുള്ള സ്ത്രീകൾ എന്താ ഒന്നിന് രണ്ട് വാക്ക് പറഞ്ഞാൽ അപ്പ ഡൈവേഴ്സ് ആയിരുന്നു ഓരോന്നും ഓരോ വഴിക്ക് നടക്കണം അത് നമ്മൾ സമൂഹത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു ഒരു പദ്ധതി ചേർന്നിരിക്കാൻ പറ്റില്ല ആളുകൾക്ക് യോജിച്ചിരിക്കാൻ അയ്യ കാരണം എന്താ എല്ലാരും ഈ ഭേദബുദ്ധി വർദ്ധിച്ച് വർദ്ധിച്ചു വർദ്ധിച്ചവരെയാണ് അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ എന്താ വായി നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് പ്രാരബം അനുസരിച്ച് ചിലതൊക്കെ സംഭവിക്കാം ആ സംഭവിച്ചതിനെ സ്വീകരിച്ച് വ്യക്തികൾ നമുക്ക് വിപരീതമായിരിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ഒരു വഴി നോക്കിക്കോളാം വ്യക്തികളെ ഉപേക്ഷിക്കാൻ വയ്യ പലരും അങ്ങനെ കുടുങ്ങിയിട്ടുണ്ട് നല്ല മനുഷ്യർ അവരെ ഒന്നും ഉപേക്ഷിക്കൊന്നുമില്ല പക്ഷെ ദുരിതം അനുഭവിച്ചുകൊണ്ട് ജീവിക്കും അങ്ങനെയുള്ളവരുമുണ്ട് കുടുംബത്തില് ചിലപ്പോൾ കല്യാണമൊക്കെ കഴിയും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഭാര്യ ശരിയില്ലെങ്കിൽ ശരിയില്ല അല്ലെങ്കിൽ ഭർത്താവ് ശരിയില്ല എന്തോ വിഷമം പറയാൻ കഴിയാ കഴിയാത്ത ദുഃഖം പലരും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ അവർ നല്ല മനുഷ്യരാ അവർ ഡൈവേഴ്സ് ഒന്നും ചെയ്യില്ല ഉപേക്ഷിച്ചൊന്നും പോവില്ല പക്ഷെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അവിടെ ഉപയോഗിക്കേണ്ട ഒരു വിദ്യയാണ് ഭഗവാൻ പറയണത് ആ രൂപത്തിൽ ഭഗവാൻ എന്റെ മുമ്പിൽ വന്നിരിക്കണം പിന്നെ എന്തിനു ഭഗവാൻ ഇങ്ങനെയൊക്കെ വിപരീതമായി എന്റെ അടുത്ത് പെരുമാറുന്നു എന്ന് വെച്ചാൽ അയാളിലൂടെ ഭഗവാൻ എന്റെ പ്രാരബ്ധവാസനയെ എടുക്കാണ് ഇതിനെയൊക്കെ കരുതിക്കൊള്ളണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സമാധാനിക്കും ശാന്തി ഇവിടുന്ന് കിട്ടും എന്റെ പ്രാരബ്ധമെടുക്കുകയാണ് എന്റെ ക്ഷമ തപസ് ഇതൊക്കെ എനിക്ക് ഉണ്ടാവാനുള്ള വഴിയാണ് അദ്ദേഹത്തിന് ഭഗവാൻ എനിക്ക് കൊണ്ടു തന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ കരുതി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈശ്വരനെ കണ്ട് നമ്മൾ സക്സസ്ഫുള്ള ശരിക്കും ഒരാളിൽ നമ്മൾ ഈശ്വരത്വം കണ്ട് അദ്ദേഹത്തിന് ഒന്ന് സ്പർശിച്ചാൽ അയാൾ മാറണം നമ്മൾ ആ വിദ്യയിൽ നമ്മൾ വിജയിച്ചാൽ ദ വിൽ ടേക്ക് പ്ലേസ് ചിന്താമണി വിദ്യ അവിടെ നടക്കും അയാള് തനി തങ്കമായിട്ട് മാറണം മാറും അതിന് ഇതൊറ്റ മാർഗമേ ഉള്ളൂ വേറെ മാർഗ്ഗമില്ല വേറെ ഒരു മാർഗ്ഗം നമ്മൾ ഉപേക്ഷിച്ച് പോകണമെന്നു മാർഗമല്ല കാരണം എന്താ പടം പേടിച്ച് പന്തളത്ത് പന്തം കൊളുത്തിയ പടാന്ന് പറയണ പോലെ പ്രാരബ്ധമാണ് ഈ രൂപത്തിൽ വന്നിരിക്കണത് നമ്മൾ ഉപേക്ഷിച്ച് പോയാൽ ഇതിന്റെ നാലിരട്ടി അങ്ങാപ്പുറത്ത് പോയാൽ വേറെ വിധത്തിൽ വരും നമ്മൾ വിചാരിക്കുക നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് നേച്ചറിൽ മാത്രം സ്കൂളിൽ വേണമെങ്കിൽ കട്ടടിച്ചിട്ട് പോവാം പ്രകൃതി നമ്മളെ കട്ടടിക്കാനേ വിടില്ല നമ്മൾ ഉപേക്ഷിച്ച് എങ്ങനെ ചാടിയാൽ ജംപിംഗ് ഫ്രം ദ എന്താണ് ഹോട്ട് പാൻ ടു ബ്ലേസിംഗ് ഹയർ നല്ല ചൂട് ചെയ്ത് ചട്ടിന്ന് ചാടി ചാടിയത് അടുപ്പിന്റെ ഉള്ളിലേക്ക് അതുപോലെ ആയിട്ട് അപ്പൊ എന്താ വഴി എത്ര വിഷമഘട്ടമാണെങ്കിലും ഭഗവാന്റെ ഈ സന്ദേശം ഓർത്തോളാം അങ്ങനെ സാധിക്കുവോ ഭഗവാനെ ഭഗവാൻ തന്നെ പറയുന്നത് ഒരിക്കലും വിചാരിച്ചാൽ സാധിക്കില്ല അസഹൃത് വീണ്ടും വീണ്ടും ഇത് തന്നെ ധ്യാനമാക്കുക ബാക്കിയുള്ള ധ്യാനമൊക്കെ ഉപേക്ഷിക്കൂ നിങ്ങൾക്ക് ആരാണോ വിഷമം സൃഷ്ടിക്കുന്നത് ആരോട് വെറുപ്പ് തോന്നുന്നു ദ്വേഷം തോന്നുന്നു അവരെ ആദ്യം പിടിച്ച് ഉപാസന അവരെ ഉപാസന ചെയ്യുക ഉപാസന ചെയ്യുന്നത് വെച്ചാൽ എന്താ അവരുടെ മേലെ നമുക്കുള്ള നെഗറ്റീവ് വൈബ്രേഷൻസ് മുഴുവൻ നീക്കണം എന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ നമുക്ക് ആരോട് വെറുപ്പ് തോന്നുക ആദ്യം പിടിച്ച് ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യുക്തി കൊണ്ട് അവർക്ക് നമുക്കുള്ള ഈ വികാരബന്ധത്തിന് നീക്കണം അതിനെന്താ ബ്രഹ്മഭാവേന് പുത്രഭാവേന് ബ്രഹ്മഭാവേന് പത്നിഭാവേന് ബ്രഹ്മഭാവേന് ഭർത്തൃഭാവേന് ബ്രഹ്മഭാവേന് ജ്ഞാതിഭാവേന് ഏതെങ്കിലും വിധത്തിൽ ബ്രഹ്മഭാവം എന്ന് വെച്ചാൽ എന്താ അർത്ഥം ബ്രഹ്മഭാവം ബ്രഹ്മം എന്നുള്ള വാക്ക് ചിന്തിക്കലല്ല ആ വ്യക്തി പിന്നീട് നമ്മളുടെ മനസ്സിൽ ഒരു വികാരവും ഉണ്ടാക്കണില്ലെങ്കിൽ നമുക്കും അദ്ദേഹത്തിനുള്ള ബന്ധം ബ്രഹ്മഭാവമാണ് നോക്കണം ബ്രഹ്മഭാവം വാക്കല്ല അദ്ദേഹം ബ്രഹ്മമാണ് ബ്രഹ്മമാണ് ചിന്തിക്കലല്ല എന്താ ബ്രഹ്മഭാവം എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ നേരെ പിന്നീട് നമ്മളുടെ മനസ്സ് ചപലപ്പെട്ട് ഓടുന്നില്ലെങ്കിൽ വെറുപ്പായിട്ടോ അസൂയയായിട്ടോ കോപമായിട്ടോ ഒന്നും ഓടാത്ത സ്ഥിതിയാണ് ബ്രഹ്മഭാവം അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ എന്നെ പുത്രൻ എന്ന് കരുതി സ്നേഹിച്ചോളാം ബ്രഹ്മഭാവം കൂട്ടിച്ചേർക്കും ബ്രഹ്മഭാവം കുടി എന്ന് വെച്ചാൽ കുട്ടിയെക്കുറിച്ചുള്ള വിചാരം വികാരം വിഷമം നാളെ ഇയാൾ ചെയ്യും ഇയാളെ ഞാൻ നോക്കണമല്ലോ ഇയാളെന്റെ ചുമതലാണല്ലോ ഈ വിചാരമൊക്കെ വിടലാണ് ബ്രഹ്മഭാവേനെ ഇങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെ ലോകത്തിലെ എല്ലാ ബന്ധുവും വെച്ചോളാം എല്ലാരോടും സ്നേഹത്തോട് പ്രവർത്തിച്ചോളാം ചെയ്യേണ്ടതൊക്കെ ചെയ്തോളാം പക്ഷെ ആരും ഉള്ളിൽ കിടക്കരുത് വള്ളം വെള്ളത്തിൽ കിടക്കട്ടെ വെള്ളം വള്ളത്തിൽ കയറിയാൽ വള്ളം മുങ്ങും അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ യാസ്യത്തെ മദ്ഗതി തരാം പരമമായ എന്റെ പദത്തിനെ നിങ്ങൾ പ്രാപിക്കും ഇതിനു ഒരു സന്ദേശം നമുക്ക് എന്തു വേണം ഇതിനുമേലെ നമുക്ക് എന്ത് വഴി കിട്ടണം എന്തു മാർഗം നമുക്ക് കിട്ടണം ഇത്രയും പറഞ്ഞ് ഇത്യുത്വാസിരി ഭഗവാൻ ആത്മമായ പിശ്യത്തോ സദ്യൂവ പ്രകൃത ശിശു തതശ്ചൌരിഭവ്രചോതി സമായ സൂതിക ഗൃഹാത് യർഗന്തുയേഷ തഹ്യജമായാജനി നന്ദയയാ തയാ ൃഢത്യ സർവൃത്തിഷു ദ്വാസ്തേഷു പൗരേഷു ബൃഹത് കപാടായ സീല ശൃംഗലൈൻ ഭഗവാൻ ഉടനെ പ്രാകൃത ശിശുവായിട്ട് തീർന്ന് സാധാരണ ഒരു കുഞ്ഞായിട്ട് തീർന്നു പ്രാകൃത ശിശു എന്ന് വെച്ചാൽ ആ ശംഖം ചക്രം ചതയൊക്കെ മറച്ച് കുട്ടിയായിട്ട് അങ്ങനെ കണ്ണനായിട്ട് അവിടെ തീർന്നു ഉടനെ ഭഗവത് പ്രചോദിത ഭഗവാൻ പറഞ്ഞില്ല വസുദേവരുടെ ഉള്ളിൽ പ്രചോദനമുണ്ടായി എന്താ പ്രചോദന ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി വ്രജഭൂമിയിലേക്ക് കൊണ്ടുപോകണം ഗോകുലത്തിൽ കൊണ്ടുചെന്നാക്കണം എന്ന് തീരുമാനിച്ചു കുട്ടിയെ കയ്യിലെടുത്തു കൈയിലെടുത്ത് തൗരിഹി ഭഗവത് പ്രചോദിത ശ്രുതം സമാധ യസൂതികാഗൃത്ത് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ സൂതികാഗൃഹത്തിൽ പുറത്തേക്ക് വരാൻ നിൽക്കുക ബഹിർഗന്ധും ഈഷ പുറത്ത് വരാൻ നിൽക്കുമ്പോ കറക്ട് ആ സമയം പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ ജനിച്ചു എന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് നാപ്പത്തഞ്ചിന് അവിടെ യോഗമായോ ജനിച്ചു അത് എടുത്തുകൊണ്ട് പുറപ്പെടുമ്പോ വ്രജഭൂമിയിൽ യോഗമായ അജനി നന്ദജായ യശോദയുടെ ഗർഭത്തിൽ നിന്നും അവളെ യോഗമായോ ജനിച്ചു ജനിച്ച ഉടനെ എന്തായി അവൾ എന്ത് ചെയ്തു ജനിച്ച ഉടനെ ഒന്ന് പഴഞ്ഞു അത്രയോ ജനിച്ച ഉടനെ ഒന്ന് കോട്ടുവായിട്ടു കോട്ടുവായി ഇട്ടതും അവളുടെ നിദ്രാശക്തി എല്ലായിടത്തും വ്യാപിച്ചു യാദേവി സർവഭൂതേഷ നിദ്രാരൂപേണ സംസ്ഥിത സകല ജനങ്ങളും ഉറങ്ങുക ഇടിവെട്ട് മഴപെയ്യലും അതിന്റെ നടുവിലെല്ലാവരും നല്ല ഉറക്കം ജയിലിന് കാവലി നിൽക്കണമെങ്കിലൊക്കെ ഉറങ്ങുന്നു കംസൻഭാവം കുറെ കാലമായിട്ട് ഉറക്കമില്ലാത്ത ആളുകൾ ആളുപോലും ഉറങ്ങിപ്പോയി എല്ലാവരും സുഖമായിട്ട് ഉറങ്ങി ജയിലിന്റെ വാതിലുകളൊക്കെ തൽക്കാലം തുറന്നു ഹേ വസുദേഗത്തെ സ്വയം വ്യവർ തേ വവർഷർജന്യൂപംശുഗർജിത ശേഷോന്മകൈ ആകാശത്തിൽ മേഘം വേരി വഴക്കിക്കൊണ്ട് മഴ കോരിച്ചൊഴിയും അപ്പൊ ഭഗവാനെ ഇങ്ങനെ തലയിൽ കൂടെയിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ വെള്ളം കുഞ്ഞിന്റെ മേള കൊള്ളാതിരിക്കാൻ ശേഷോന്മഗാദ് ആദ്യശേഷം പടം വിരിച്ച് കൊടപിടിച്ചുകൊണ്ട് പുറകെ നടന്നു അങ്ങനെ മഴ പെയ്ത് വെള്ളം ആനത്തുമ്പിക്കൈ പോലെ ഒഴുന്ന അങ്ങനെ മഴവെള്ളം വീണ് യമുനാജലം നിറഞ്ഞ് യമുന ഇങ്ങനെ കൂലങ്കുത്തി ഒഴുകുക യമുന ഇങ്ങനെ ഒഴുകാണ് ഇപ്പൊ തന്നെ നമുക്ക് പ്രയാഗം പോയാൽ ഗംഗയുടെയും യമുനയുടെയും വ്യത്യാസം നമുക്ക് കാണാം ഗംഗ ശാന്തമായി ഒഴുകിവരുമ്പോൾ യമുനവിനെ തുള്ളി തുള്ളി തുള്ളി വരും യമുനയിലേക്ക് ഇറങ്ങി തലയിൽ വെച്ചുകൊണ്ട് ഇറങ്ങി കുറച്ചുദൂരം ചെന്ന് വെള്ളം കയറി വന്നു നെഞ്ചു വരെ വന്നു കഴുത്തു വരെ വന്നു അപ്പോഴും ഭഗവാന്റെ ആജ്ഞയാണ് എന്ത് വിഷമം തിരിച്ചു നോക്കില്ല മുൻപോട്ട് തന്നെ നടന്നു അസുദേവർ മൂക്ക് വരെ വന്നു യമുനയ്ക്ക് ഭഗവാന്റെ പാദസ്പർശം ചെയ്യണോ അത്രേ അപ്പൊ കണ്ണൻ തലയിലിരിക്കുന്നു അവിടുന്ന് കാല് ചുവട്ടിൽ വിട്ടു കാലിനെ യമുനെ സ്പർശിച്ചു സ്പർശിച്ച ഉടനെ യമുനാജലം കറുത്തു ഇവന്റെ കറുപ്പ് കരി തൊട്ടാൽ കറുക്കണ പോലെ ഇവന് തൊട്ട ഉടനെ യമുനാജലം കറുത്തു അത്ര മുരദികായ കാലിമാലലാമവാരിധാരിണി ത്രിണീകൃത ത്രിവിഷ്ട്രലോക ശോകഹാരിണി മനോനുകൂല കൂല കുഞ്ച പുഞ്ച ദൂത സദാ ജലച്യുതച്ചുതംഗരാഗലംപടാളിശാലി വിലോലരാതി കാചന്തചംപകാളിമാലിനി സദാവർ ഭർത്തൃഭൃത്യനാരദാധുനോ മനോമലം കളിം ദനന്ദി സദാ അജാരിസ്വാമികളുടെ യമുനാഷ്ടകമാണ് യമുനയ്ക്ക് കറുത്ത കർമ്മം എവിടെ നിന്ന് വെച്ചാൽ മുരകായ കാളിമാല ലാമവാരിധാരിണി മുരാരിയുടെ കായത്തിനെ സ്പർശിച്ചതും യൗനകർത്തൂന്നാണ് മുരാരി കായകാലിമ ലാമവാരിധാരിണി ത്രിണീകൃത ത്രിവിഷ്ട്രലോകശോകഹാരിണി ഹരിവന്ന് കളിക്കുന്നിടത്ത് കളിക്കാനുള്ള ഭാഗ്യം കിട്ടിയ കാളിന്തി ത്രിലോകത്തിനെയും സ്വർഗാതിലോകങ്ങളെ പോലും ദുഷിച്ചു ഭക്തന്മാരൊക്കെ ആ ജലത്തിൽ വന്നു കുളിക്കുന്നു ഭർത്തൃ ഭൃത്യനാഹാഹ സദാവഗാഹനാവത്തിന് അങ്ങനെ ആ യമുനാജലം കടന്ന് നന്ദവ്രജത്തിലെത്തി വ്രജത്തിൽ ചെന്ന് കുഞ്ഞിനെ അവിടെ കൊണ്ട് യശോദയുടെ അടുത്ത് വെച്ചു അവിടെ ജനിച്ചിരിക്കുന്ന പെൺകുട്ടിയെ എടുത്തു വന്നു അതിലൊക്കെ തുറന്നു ഏ കുട്ടി ജനിച്ചത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുപോലും അറിയാത്ത വിധത്തിൽ ഉറങ്ങിപ്പോയിതാണ് അത്രകൊണ്ട് ഉറക്കമായിരുന്നു അങ്ങനെ മഹാമായ എല്ലാവരെയും ഉറക്കിക്കളഞ്ഞു ആ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് തിരിച്ചു വന്നു നന്ദവ്രജത്തിലെ വാതിലൊക്കെ തുറന്നു കടന്നു അവർക്ക് ഈ മുള കൊണ്ടും ഓല കൊണ്ടും കുടിലുകളാണേ ഗോപന്മാർക്ക് അവർക്ക് വാതിലൊന്നും വേണ്ട ആവശ്യമില്ല അവർക്ക് വലിയ സമ്പത്തൊന്നുമില്ല രക്ഷിക്കാനായിട്ട് മാത്രമല്ല ഇപ്പൊ കൃഷ്ണൻ പോയ ശേഷമാണ് അവിടെ വാതിലൊക്കെ ഉണ്ടാക്കിയത് ഇയാളുടെ തുടങ്ങിയപ്പോഴാണ് വാതിലൊക്കെ വേണ്ടി വന്നത് കൊണ്ട് കുഞ്ഞിനെ വെച്ച് അവിടുത്തെ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് ഇവിടെ വന്നതും ഇവിടെ വാതിലൊക്കെ അടഞ്ഞു ഭഗവാൻ കയ്യിൽ വന്നപ്പോ കെട്ടൊക്കെ അഴിഞ്ഞു വാതിലൊക്കെ തുറന്നു മായ വന്നപ്പോ കെട്ടൊക്കെ വീണ്ടും വന്നു വാതിലൊക്കെ വീണ്ടും അടഞ്ഞു മായ വന്നപ്പോ ഒക്കെ ബന്ധനം ഭഗവാൻ കയ്യിൽ വന്നപ്പോ വിമുക്തി അപ്പൊ ഭഗവാനെ അവിടെ കൊണ്ടു ചെന്നാക്കി മഹാമായ വന്നു ഇവിടെ വന്നതും മായ ഉറക്കെ തുടങ്ങി ക്വാ ക്വാ ക്വാ ക്വാ കംസൻ എവിടെ കംസൻ എവിടെ ധൃതി കൂട്ട ഇവിടെ ശബ്ദം കേട്ടോണ്ട് കാവൽക്കാരെ ഓടി ചെന്ന് കംസന്റെ എടുത്ത് ചെന്ന് ആ കുഞ്ഞി ജനിച്ചിരിക്കണോ കംസൻ കയ്യിൽ വാഴവുമായി വന്നു വസുദേവരെ പ്രാർത്ഥിച്ചു ദേവകി പ്രാർത്ഥിച്ചു എന്താപ്പോ ഇത്രയും കുട്ടികളോട് പ്രാർത്ഥിക്കാതെ കൊണ്ട് കൊടുത്തുവല്ലോ ഇപ്പൊ ഈ കുഞ്ഞിന് മാത്രം എന്താ പ്രാർത്ഥന കംസനോട് പറഞ്ഞു ഈ പെൺകുട്ട പെൺകുട്ടിയാ പ്രാർത്ഥനയ്ക്ക് കാരണം നമ്മളുടെ കുഞ്ഞല്ലോ വേറെ ആരുടെയും കുട്ടിയെ എടുത്തുകൊണ്ടുവന്നിരിക്കണം ആ ഒരു വിചാരം പെൺകുട്ടിയാണല്ലോ എന്നുള്ളൊരു ഭാവം കംസനും ആലോചിച്ചു ഇതെങ്ങനെ ഇപ്പോ പെൺകുട്ടിയായി എട്ടാമത്തെ ഗർഭാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കംസന് ഒരു വിചാരമായി ഇത് തന്നെയാണോ അല്ല ഇനി കഴിഞ്ഞ് ജനിക്കുക ഇപ്പൊ ഇതിന് മുമ്പൊന്ന് അലസിപ്പോയി അതിനെ കൂട്ടിയിട്ട് കേട്ടോ അതിനെ കൂട്ടാതെ അല്ലെങ്കിൽ കണക്ക് കുറച്ച് കുറവാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഇനിയിപ്പോതായാലും ഇനിയിപ്പോ ആലോചിച്ച് സമയം കളയരുത് എന്ന് തീരുമാനിച്ചു കായലിലെ ചെന്ന് കുഞ്ചിന്റെ കാല് പിടിച്ചു പൊന്തിച്ചതും അദൃശ്യദാ വിഷ്ണോ സയുധ അഷ്ട അഷ്ടുജാംഗീം മഹിഷ്യമർദ്ദി സക്രാം ശരശൂരധാരിണീം താമ്യയോഗീം സഹജാവേദസീം ദുർഗാ സദാ ശരണമഹം പ്രവധ്യേ എട്ടു ഭുജങ്ങളോടുകൂടെ ദിവ്യയുധങ്ങളോടുകൂടെ മഹാമായാ കംസന്റെ മുമ്പില് പ്രകാശിച്ചു ിം മയാ ഹേ വിഡ്ഢി കംസൻ അവർറ്റ പേരാണ് ദേവന്മാരൊക്കെ വിളിക്കണത് അസാസ്ത്വാം അഷ്ടമോ ഗർഭ ഹന്തായം മഹസേ അബുധ എന്ന് പറഞ്ഞ അടുത്ത് എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞടത്ത് നോക്കണം ആ ശ്ലോകത്തിലെ അബുദ്ധ എന്നൊരു വിളി അല്ലാതെ കംസ എന്നൊരു വിളിയും വിളിച്ചിട്ടില്ല കംസൻ എങ്ങനെ തീരുമാനിച്ചു തന്നെയാണ് വിളിച്ചതെന്ന് ഹേ വിഡ്ഡി വിളിയേ ഉള്ളൂ ആരാണ് വിഡ്ഢി എന്ന് വിശേഷിപ്പിച്ചൊന്നും വിളിച്ചില്ല പക്ഷെ കംസൻ തീരുമാനിച്ചു തന്നെ തന്നെയാണോ എന്ന് അതേപോലെ ഇവിടെ മഹാമായും വന്ന് മന്ദ എന്ന് വിളിച്ചു തന്നെ വധിക്കാൻ വേണ്ട കുഞ്ഞ് ജനിച്ചിരിക്കുന്നു പൂർവശത്രു ഈ സാധുക്കളെ ഇനിമേലാൽ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ് മഹാമായും അറിഞ്ഞുപോയി കംസൻ കുറച്ചുനേരം അങ്ങനെ അന്താളിച്ചു നിന്നു ഇപ്പൊ സംഭവിച്ചത് ഞാൻ വിചാരിച്ചു നമ്മളെ പൊളി പറയുള്ളൂ എന്ന് വിചാരിച്ചു ഇപ്പൊ ദേവന്മാരും കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു അഹോ ദൈവമഭി അനൃത്തം ദേവന്മാരും കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു എട്ടാമത്തെ പുത്രൻ ഈ എട്ടു വർഷമായി പത്ത് പതിനഞ്ച് വർഷമായി ബി കൂടിയതും കഷ്ടപ്പെട്ടോ നോക്കിപ്പോ എനിക്കേ അറിയുള്ളൂ ആരോ ആകാശത്തുനിന്ന് കള്ളം വിളിച്ച് പറഞ്ഞ് അതിൻ കേട്ട് ഞാൻ ഈ പത്ത് പന്ത്രണ്ട് വർഷം കഷ്ടപ്പെട്ട് ഇതും വിചാരിച്ച് ഉറക്കമില്ലാതെ പേടിച്ച് കുട്ടികളെയൊക്കെ കൊന്ന് വസുദേവ ദേവകിയോട് പെട്ടെന്നൊരു പ്രിയം തോന്നി അഹോ ഭഗിനി അഹോ ഭാമ സഹോദരിയെ വിളിക്കാം ഞാൻ രാക്ഷസനെ പോലെ നിങ്ങൾ ഉപദ്രവിച്ചു ഞാൻ ഏത് ദുരിത ലോകത്തിലേക്ക് പോകുമെന്നറിയില്ല നിങ്ങളെ ഞാൻ വെറുതെ കഷ്ടപ്പെടുത്തി അതിനൊന്ന് ഞാൻ കാരണമല്ല അതാ ഈ കള്ളം പറഞ്ഞ ദൈവമാണ് കാരണം കാലി പിടിക്കാം പറഞ്ഞു കംസൻ ദേവകിയുടെ അവര് പാവം ഒരുക്കിപ്പോയി സാധുക്കളാണേ കംസൻ ഈ പറഞ്ഞതുമൊക്കെ സത്യമാണെന്ന് വിചാരിച്ചു എന്നിട്ട് കംസൻ പറഞ്ഞു ആ എല്ലാവരും അവരവരുടെ കർമ്മത്തിനനുസരിച്ചാണോ ഒക്കെ അനുഭവിക്കുന്നത് ഇതിന് ആരും കാരണക്കാരല്ല എന്നുള്ളത് ആ ഒരു തത്വവും സൌകര്യത്തിനനുസരിച്ച് ചൊല്ലുകയും ചെയ്തു എന്നിട്ട് അവിടെ ഇറങ്ങിപ്പോയി തന്റെ മന്ത്രിസഭയൊക്കെ വിളിച്ചുകൂട്ടി ഇനിയിപ്പോ എന്താ ചെയ്യാം വിഷ്ണു എവിടെയോ ജനിച്ചിരിക്കുന്നു ആ ഒരു വഴിയേ ഉള്ളൂ മഹാത്മാക്കൾ എവിടെയുണ്ടോ അവരെയൊക്കെ ഉപദ്രവിക്കാം ബ്രാഹ്മണരെ ഉപദ്രവിക്കാം പശുക്കളെ കൊല്ലാം യജ്ഞം യാഗവും നടത്താൻ സമ്മതിക്കരുത് സാധുസജ്ജനങ്ങളെ ധാരാളം ദ്രോഹിക്കണം ഇതൊക്കെ കംസന്റെ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ തസ്മാ സർവാത്മന രാജന് ബ്രാഹ്മണാന് ബ്രഹ്മവാദിനജ്ഞശീലാന് ഗാശ്ശന്മോഹനിർദുഗാഹ കംസന്റെ കാബിനറ്റിൽ എടുത്ത തീരുമാനമാണ് വിഷ്ണുവിനെ ഓടിക്കണമെങ്കിൽ അതേ വഴിയുള്ളൂ ബ്രാഹ്മണാൻ ബ്രാഹ്മണരെയും തപസ്വിനഹ തപസ്വികളെയും യജ്ഞശീലാൻ യജ്ഞം ചെയ്യുന്നവരെയും ഗാഹ പശുക്കളെയും ഒക്കെ കൊല്ലാം അതിനെയൊക്കെ ധാരാളം ദ്രോഹിക്കാം ഇതൊക്കെ ദ്രോഹിച്ച യജ്ഞം യാഗമൊന്നും നടക്കരുത് ഭക്തി വിചാരം ഭഗവത് ഭക്തി ഇതൊന്നും നടക്കരുത് ഇതിനൊക്കെ ഉള്ള ദ്വാരം അടച്ചാൽ ദേവതകളുടെയൊക്കെ ശക്തി കുറയും ഈശ്വരമാർഗം അടയും സത്വഗുണം കുറഞ്ഞു കിട്ടും അന്തരീക്ഷത്തിൽ ഇതാണ് അതിനുള്ള ഉപായം എന്ന് തീരുമാനിച്ചു അതിന്റെ ഫലമായി കുഞ്ഞുങ്ങളെ കൊല്ലലും ഒരു പരിപാടിയാക്കിയെടുത്തു ഈ കുത്തിവെക്കലൊക്കെ അനൌൺസ് ചെയ്യുന്ന പോലെ ഒരാളെ അതിനേർപ്പാടാക്കി രണ്ടു വർഷത്തെ പദ്ധതി അതിന് പൂതനെ അതിനേർപ്പാടാക്കി കുഞ്ഞുങ്ങൾ ഒരു വർഷത്തിന്റെ ഇടയിൽ ജനിച്ചിട്ടുള്ള കുട്ടികളെയൊക്കെ വധിക്കാം അതിന് പൂതനയും പുറപ്പെട്ടു പൂതനാമോക്ഷം ഭഗവാന്റെ ലീലകളിലേക്കൊക്കെ നാളെ നമ്മൾ പ്രവേശിക്കാം സർവത്ര ഗുണ ആനന്ദമാണ് വൃജഭൂമിയിൽ ആനന്ദരൂപനായ ഭഗവാൻ ദേവകിക്കും വസുദേവനും അവതരിച്ച് ദർശനം കൊടുത്തുവെങ്കിലും നന്ദഗോകുലത്തില് നന്ദഗോപർക്കും യശോദയ്ക്കും പുത്രനായിട്ടാണ് ഇനി ഭഗവാന്റെ ലീലകളൊക്കെ തന്നെ അവർക്കാണ് ആനന്ദം കൃഷ്ണലീലകൾ കാണാനുള്ള ആനന്ദം भाग्यम यशोद यशोद भगवाने वसुदेवर नंदगोकुलाको चंदी अवे महामया योग कंस अशलीवाको तक जन चिणु വസുദേവരിയും ദേവകിയും ഇനിമേലാൽ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു മറഞ്ഞു മായയോടുകൂടിയാണ് ഭഗവാന്റെ അവതാരം തന്നെ ഇവിടെ നന്ദഗ്രാമത്തിൽ യശോദയ്ക്ക് കുഞ്ഞു ജനിച്ചു എന്ന വാർത്ത അറിഞ്ഞു നന്ദഗോപർക്ക് പരമസന്തോഷം ആനന്ദം വളരെ കാലത്തിനു ശേഷം ഒരു കുട്ടിയുണ്ടായിരിക്കും ആൺകുട്ടി നന്ദസ്തു ആത്മജുപന്നി വളരെ ആനന്ദ ആഹ്ലാദം ഉണ്ടായി നന്ദഗോപർക്ക് വസുദേവർക്ക് ബ്രാഹ്മണരെ വിളിച്ച് ദാനം കൊടുക്കാനോ ഒന്നും സാധ്യല്ല പക്ഷെ നന്ദഗോപരെ ബ്രാഹ്മണരെ വിളിച്ചു ആഹൂയവിപ്രാൻ വേദജ്ഞാൻ നല്ലവണ്ണം വേദം പഠിച്ചിട്ടുള്ള ബ്രാഹ്മണരെ വേദാധ്യയനം ചെയ്തിട്ടുള്ള ബ്രാഹ്മണരെ വിളിച്ച് കുളിച്ച് അലങ്കരിച്ച് സ്വസ്ഥിനം ജാതകർമ്മമൊക്കെ കഴിച്ച് വിധിവത്ത് പിതൃക്കൾക്കും ദേവന്മാരെയും അർച്ചു അനേക സഹസ്രം പശുക്കളെ ദാനം ചെയ്തു അലങ്കരിച്ച പശുക്കളെ ദാനം ചെയ്തു ധാരാളം സാധുക്കൾക്കും ബ്രാഹ്മണർക്കും മറ്റുമൊക്കെ ഭോജനം കൊടുത്തു അവിടെയും ശുഗബ്രഹ്മ മഹർഷി ഓർമ്മിപ്പിക്കുകയാണ് കാലേന സ്നാന ശൌചാഭ്യാം സംസ്കാരി തപസ ഇജ്ജയ്യ ശുദ്ധ്യന്തി ദാനി സന്തുഷ്ട്യ ദ്രവ്യണി ആത്മാ ആത്മവിദ്യയാ അവിടെ എവിടെ തത്വം നമുക്ക് ജീവിതത്തിൽ ജീവിക്കേണ്ട മാർഗവും കാണിച്ചു തരുന്നു എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങളെയൊക്കെ ഉപയോഗിച്ച് ദാനം ചെയ്യുന്നു സംസ്കാരകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു ഈ സംസ്കാരകർമ്മങ്ങളൊക്കെ എന്തിനാ എന്നുവച്ചാൽ ദ്രവ്യ ശുദ്ധിക്കും ശരീരശുദ്ധിക്കും മനഃശുദ്ധിക്കും വേണ്ടിയിട്ടാണ് സ്നാന ശൌചാഭ്യാം സ്നാനം കുളിക്കല് ശൌചം എന്ന് വെച്ചാൽ ആചമനം ചെയ്യല് മറ്റുള്ള കർമ്മങ്ങളൊക്കെ കൊണ്ട് അതേപോലെ സ്നാനശൌചങ്ങൾ കൊണ്ട് ശരീരം ശുദ്ധമാവുന്നു സംസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഇതുപോലെ ഷോഡശ സംസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് സ്വയം തപസ് ചെയ്യുന്നതുകൊണ്ട് യാഗമനുഷ്ഠിക്കുന്നതുകൊണ്ട് ശരീരം ശുദ്ധമാവുന്നു ദാനം ചെയ്യുന്നതുകൊണ്ട് തനിക്ക് കിട്ടിയിട്ടുള്ളത് വെച്ച് സന്തോഷിക്കുന്നതുകൊണ്ട് മനസ്സ് ശുദ്ധമാവും മൂന്ന് യജ്ഞമാണ് ശരീരസംബന്ധമായ യജ്ഞം മനസ്സുസംബന്ധമായ യജ്ഞം ആത്മാവിനെ സംബന്ധിക്കുന്ന യജ്ഞം ശരീര സംബന്ധമായ യജ്ഞം എന്താ കുളിക്കാം കഴിയുന്നതും പരസ്പർശം ചെയ്യാതിരിക്കുക ഇതൊക്കെ ശരീര സംബന്ധമായ യജ്ഞമാണ് ഇതൊക്കെ യോഗികൾ പല കാരണങ്ങൾ കണ്ട് യോഗശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരീര സംബന്ധമായ കുളിക്കല് മറ്റുള്ളവരെ അധികം സ്പർശിക്കാതിരിക്കല് പിന്നെ ആഗമനം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ശരീര സംബന്ധം അതുപോലെ ഈ ഷോഡശ സംസ്കാരങ്ങള് ശരീര സംബന്ധമാണ് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ജാതകർമ്മം തുടങ്ങി ശതാഭിഷേകം വരെ അത് കഴിഞ്ഞാൽ മരണം കഴിഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ഇതൊക്കെ ഈ സംസ്കാരത്തിന് പെട്ടതാണ് ഇതൊക്കെ ശരീര സംബന്ധമാണ് ഇതൊക്കെ ശരീരത്തെ ശുദ്ധമാക്കാൻ അതേപോലെ തപസ് തപസ് ഇപ്പൊ ജപം തന്നെ ഒരു തപസ്സാണ് ആഹാരനിയന്ത്രണം ഒരു തപസ്സാണ് ഇന്ദ്രിയങ്ങൾക്ക് ഏതൊന്ന് ഇഷ്ടമാണോ അതിന് കൊടുക്കാതിരിക്കുന്നത് തപസ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് തപിക്കും ഒന്ന് ചൂടുപിടിക്കും അത് തന്നെ ഒരു തപസ്സാണ് പിന്നെ മനസ്സിനെ ഭഗവത് രൂപത്തിലോ നാമത്തിലോ ഏകാഗ്രപ്പെടുത്തി വയ്ക്കുന്നതും തപസാണ് മനസ്സെ ഇന്ദ്രിയാണാം ഐകാഗ്രം പരമം തപ അപ്പൊ ഈ തപസ്സുകൊണ്ട് മനസ്സും ശുദ്ധമാവും ശരീരവും ശുദ്ധമാവും നമ്മളുടെ ശരീരത്തിലുള്ള നാടികളൊക്കെ ശുദ്ധമാവും പിന്നെ യാഗം യാഗം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ രോഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ പൂർവകർമ്മത്തിന്റെ ഫലമായിട്ടോ നമ്മളുടെ പ്രവൃത്തിയുടെ ഗുണം നമുക്ക് ആവശ്യത്തിലധികം ധനം കിട്ടും ആവശ്യത്തിലധികം ധനം നമുക്ക് കിട്ടും ആവശ്യത്തിലധികം ധനം കിട്ടുമ്പോൾ ആ ധനം നമ്മൾ എന്തു ചെയ്യും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇത്ര എന്താ രണ്ടേടെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പേടിക്കും അതെവിടെങ്കിലും നഷ്ടമാവോന്ന് ഭയപ്പെടും അല്ലേ അപ്പൊ ഈ ആവശ്യത്തിലധികമുള്ള ധനത്തിനെ യജിച്ചു കളയാനാണ് യാഗം രാജാക്കന്മാർ മുഖ്യമായിട്ട് ചെയ്യുന്നത് ആവശ്യത്തിലധികമുള്ള ധനത്തിനെ ശ്രീരാമൻ രാമായണം രാവണമതമൊക്കെ കഴിഞ്ഞ് തിരിച്ചുവന്ന് യാഗം അനുഷ്ഠിച്ച് എല്ലാം സൌമംഗല്യം എന്താണ് കഴുത്തിലിട്ടിരിക്കുന്ന സൌമംഗല്യം ഒഴിച്ച് സീതാദേവി സകലതും കൊടുത്തു എന്നാണ് യാഗത്തിലെല്ലാം യജിച്ചു തീർത്തും ഇതുകൊണ്ട് ശരീരം ശുദ്ധമാവും മനസ്സിൽ ഈ പൊസിറ്റീവ്നെസ് ഉണ്ടല്ലോ എന്റെ വസ്തുക്കൾ എന്നുള്ളത് വിട്ടുപോകും അതിനാണ് യജിക്കൽ അപ്പൊ ഇതുകൊണ്ട് മനസ്സ് ശുദ്ധമാവും തപസ ഇജയ ദാനേന് ദാനം കൊണ്ട് അതേപോലെ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക ഇതുകൊണ്ടൊക്കെ മനസ്സ് ശുദ്ധമാവും പക്ഷേ ഇങ്ങനെയൊക്കെ ശുദ്ധി വന്നാലും ചിത്തശുദ്ധി വന്നാൽ ചിത്തശുദ്ധി വന്നു ഇനി ആത്മസാക്ഷാത്കാരം നേടണമല്ലോ ആത്മസാക്ഷാത്കാരം തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം എങ്ങനെ നേടും ആത്മാവിനെ എങ്ങനെ അറിയും എന്ന് വെച്ചാൽ ആത്മാ ആത്മവിദ്യയാ ആത്മാവിനെ അറിയണമെങ്കിൽ ആത്മവിദ്യ വേണം ശരീരത്തിനെ ശുദ്ധമാക്കണമെങ്കിൽ കുളിക്കണം മനസ്സിനെ ശുദ്ധമാക്കണമെങ്കിൽ ജപം ചെയ്യണം ധ്യാനിക്കണം ഭഗവാനെ ആരാധിക്കണം പ്രാർത്ഥിക്കണം അഹങ്കാരത്തിന് കുറയ്ക്കണം കാമ്യകർമ്മങ്ങളെ കുറയ്ക്കണം നമുക്ക് നമ്മളുടേന്ന് വിചാരിക്കുന്ന വസ്തുക്കളെ കുറച്ച് കൊടുക്കുക ഇതൊക്കെ ഓരോ വിദ്യ മനസ്സിനെ ശുദ്ധമാക്കാൻ പക്ഷെ ആത്മാവിനെ എങ്ങനെ അറിയും ആത്മസാക്ഷാത്കാരം എങ്ങനെ ഉണ്ടാവും അതിനെന്താ വഴിയെന്ന് വെച്ചാൽ ആത്മാ ആത്മവിദ്യയ ഇവിടെ ഒരു സന്ദർഭം മഹർഷി ഓർമ്മിപ്പിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു കഥ പറയും കഥയുടെ ഇടക്കൂടി ഒരു സന്ദർഭം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ പോകേണ്ട സ്ഥലം ഇതാണോ കേട്ടോ എന്നാണ് ആത്മാവിനെ അറിയണം അരേ അയം ആത്മാ പരിപൂർണമായി ശാന്തി വേണമെങ്കിൽ തൃപ്തി വേണമെങ്കിൽ സന്തുഷ്ടി വേണമെങ്കിൽ ആത്മാവിനെ അറിയേണ്ടിയിരിക്കുന്നു ആത്മാവിനെ എങ്ങനെ അറിയും ആത്മാവിനെ അറിയണമെങ്കിൽ ആത്മാവിനെ അറിഞ്ഞിട്ടുള്ളവരിൽ നിന്നും കേൾക്കുക അരേ ശ്രോതവ്യഹ കേട്ടിട്ടോ തനിച്ചിരുന്ന് ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്യുക മന്തവ്യ പിന്നീട് നിധിധ്യാസിതവ്യ ധ്യാനിക്കുക സ്വസ്വരൂപമായിട്ട് ധ്യാനിക്കുക നമ്മളുടെ സ്വരൂപമായി തന്നെ ആത്മാ പ്രകാശിക്കും ഭാഗവത സമ്പ്രദായം എന്താണ് ഒരു ഗുരുവിൽ നിന്നും ഭഗവാന്റെ ദിവ്യരൂപത്തിനെയും മന്ത്രത്തിനെയും സ്വീകരിക്കുക ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കുക ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു ഭഗവാനെ തന്നെ ജീവിതത്തിന് ആശ്രയമായിട്ട് പിടിക്കുന്നു എന്ത് കഷ്ടം എന്നാലും എന്തൊക്കെ ദുഃഖം എന്നാലും കൃഷ്ണനുണ്ട് എന്നുള്ള ഒരേ ആശ്രയം കൃഷ്ണസ് ദാസോസ്മ്യഹം എന്ന ഭാവത്തോടുകൂടെ ലോകത്തിൽ വ്യവഹരിക്കുന്നു നമ്മളായിട്ട് സോഹം എന്നൊന്നും പറയണില്ല ഭക്തന്റെ മാർഗം വേറെയാണ് ദാസോഹം ദാസോഹം ദാസോഹം അങ്ങനെ ഇരിക്കുമ്പോ ഭഗവാൻ എന്തിയും ഭഗവാൻ തന്നെ ഒരു കാലത്ത് ആ ദാ വെട്ടി മുറിച്ചെടുക്കും ആ ദാ അവിടുന്ന് മുറിച്ചെടുത്താൽ എന്തുണ്ട് സോഹം നമ്മളായിട്ട് പറയണതല്ല ഭഗവാനായിട്ട് ആ സ്വാനുഭവം തരണം ആ സ്വാനുഭൂതിയെ തരണം അപ്പോ അതിന് ആത്മവിദ്യ എന്ന് പേര് ഭഗവാനെ ധ്യാനിക്കാനും നിരന്തരം ഭഗവത് ധ്യാനം ചെയ്യാനും നമ്മൾ വ്യവഹാരങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഭഗവത്ഗാനം വിടാതിരിക്കുന്നതുകൊണ്ട് ആത്മസാക്ഷാത്കാരമുണ്ടാകും അപ്പോ നന്ദഗോപുർ ഇവിടെ ദാനധർമ്മങ്ങൾ ചെയ്തു ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തു സാധുക്കൾക്ക് ഭോജനം കൊടുത്തു ഇതൊക്കെ എന്തുകൊണ്ടാ സന്തോഷം ഞാനിതൊക്കെ ചെയ്യണു എന്ന് നാലുപേരാന് വേണ്ടിയിട്ടല്ല കൃഷ്ണൻ ജനിച്ചിരിക്കുന്നു ഞങ്ങളുടെ വീട്ടില് കണ്ണൻ പിറന്നിരിക്കുന്നു ഊട്ടുകാട് ഒരു കീർത്തനമുണ്ട് വന്തു പിറന്താൻ കണ്ണൻ സാധാരണ നമ്മുടെ കൂടെ ഭാഗവതം വായിക്കാൻ വരുന്ന ഒരു സ്വാമി പാടും കഥ വളരെ മനോഹരമായിട്ട് പാടും ആ കീർത്തനത്തില് ഉത്തുകാട് പറയുന്നു സാധാരണ കുട്ടി ജനിച്ചാൽ ഉടനെ ജ്യോത്സ്യന്മാര് വരും ജ്യോത്സ്യന്മാര് വന്ന് ജാതകം കണിക്കും നക്ഷത്രം കണിക്കും ഞങ്ങളുടെ കണ്ണൻ ജനിച്ച ദിവസം ഇന്ത് തൊല്ലയേ ഇല്ല യാതൊരു വ്യവഹാരവും ഇല്ലാന്നാണ് എന്റെ ജയിലിന്റെ ഉള്ളിലല്ലേ ജനിച്ചത് എന്നിട്ടിപ്പോ ഞാൻ നന്ദഗോപുരുടെ വീട്ടിൽ വന്നിരിക്കും നന്ദഗോപുർക്ക് സന്തോഷം വ്രജത്തിലൊക്കെ അറിയിച്ചു സകലസ്ഥലങ്ങളിലും ചെന്ന് പാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്നു വീട്ടില് പാട്ടും നൃത്തവും ഗായകാശ്ചഗുണ്ഹൂര്യോദുന്ദുബയോമുഹു വ്രജസംഷ്ട സംസിതാചിരഗൃഹന്തരഹം ചിത്രധ്വജ പതാകോരണാവോ വൃഷ വത്സതൂഷിത രജഭൂമിയിൽ എല്ലായിടത്തും അലങ്കരിച്ചു അത്ര തോരണങ്ങൾ കെട്ടിത്തൂക്കി ചിലർ പാടി ചിലർ നർത്തനം ചെയ്തു ചിലര് മൃഗങ്ങൾ മുതലായിട്ടുള്ള താളവാദ്യങ്ങളൊക്കെ വാദനം ചെയ്തു സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും കുങ്കുമം മുതലായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ എല്ലായിടത്തും വാരിവീശി ശകല സ്ഥലങ്ങളിലും വെതറി ഗോപസ്ത്രീകളൊക്കെ അലങ്കരിച്ചു നന്ദഗോപുരയുടെ വീട്ടിൽ കണ്ണനെ കാണാൻ പോകണം കണ്ണനെ കാണാൻ പോവാനായിട്ട് പുതിയ പുതിയ ആഭരണങ്ങളൊക്കെ ധരിച്ച് പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവര് ഗോപസ്ത്രീകൾ നന്ദഗോപുരയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗോപന്മാരോ അനേക ഉപായനങ്ങളോടുകൂടെ നന്ദഗോപുരയുടെ വീട്ടിലേക്ക് വന്നു ഗോപ്യശാകുദിതയശോദായ സുതോദ്ഭവം ആത്മാനം ഭൂഷയാഞ്ചക്ു വസ്ത്രകൾ നവകുങ്കുമകിഞ്ഞ്ചൽക്കുഖപങ്കജൂതയസ്വരിത ജഗ്മു പൃതുശ്രൂണ്യ ചലത്കുചാ നലങ്കരി ഭൂഷയാഞ്ചക്ു നമ അവർക്ക് എന്തൊക്കെ അലങ്കാരങ്ങളോ ഉണ്ടോ ആഭരണങ്ങളുണ്ടോ അതൊക്കെ അണിഞ്ഞുകൊണ്ട് ഗോപ്യസ്സു മൃഷ്ടമണികുന്തല നിഷ്കണ്ഠ്യ ചിത്രാബരാഹ പതിശിഖാച്ഛുതമല്യവൃഷാഹ നന്ദാലയം സമലയാവൃതീ വിരേജു വ്യാകുന്തോധരശോ ആചാര്യൻ പറയുന്നു ഭഗവാൻ രാസലീല വലുതായിട്ടല്ല തുടങ്ങിയത് ജനിച്ച ദിവസം തുടങ്ങിക്കഴിഞ്ഞോ എന്നാണ് എന്താന്ന് വെച്ചാൽ ഗോകുൽ സ്ത്രീകൾ കണ്ണനെ കാണാനായിട്ട് ഓടി വരുന്നു വരുമ്പോ മണികുന്തള ലിഷ്കണ്ഠ്യ ചിത്രം അവരുടുത്തിരിക്കുന്ന വസ്ത്രം കഴുത്തിലിട്ടിരിക്കുന്ന മാല ഇതൊക്കെ കണ്ണനെ കാണാൻ വരുമ്പോ വളരെ വേഗത്തിൽ കഴുത്തിൽ അണിഞ്ഞത് ചില മാലകളൊക്കെ വരുന്ന വഴി തന്നെ അഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ വീഴാം മേലെ ഇട്ടിരിക്കുന്ന തുണി എവിടെങ്കിലുമൊക്കെ വീഴാം അതുപോലും അറിയാതെ കുഞ്ഞിനെ കാണണം പോയി കണ്ടിട്ട് വരണവരെ ആരെയും കാണാനില്ല കുട്ടി എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാം പോണവര് പോണവര് നന്ദഗോപുരയുടെ വീട്ടിൽ ചെന്ന് അവിടെ കൂടി അകത്ത് കടക്കാൻ വയ്യ അത്ര പുറത്ത് നിൽക്കുന്ന ഒരു ഗോപിക ചോദിച്ചു കുട്ടി എങ്ങനെയുണ്ട് കറുപ്പുകുട്ടി ഏ നന്ദഗോപുര നല്ല വെളുത്ത നിറമാണോ സ്വർണവർണം യശോദയാതെ ഇതിപ്പോ കുട്ടി എങ്ങനെ ഇപ്പൊ കറുപ്പുകുട്ടിയായി ആവോ കുട്ടി കർഭകുട്ടിയാണ് നീലമേഘശ്യാമളനാണ് പക്ഷെ എന്തൊരാഴക് താ ആശിഷാ പ്രിയുഞ്ചാനാ ചിതം പാഹി പാഹി കുട്ടികളെ ഓരോരുത്തരായും ഗോപസ്ത്രീകളകത്തു വന്നു അവരുടെ കുട്ടികളും ഒക്കെയുണ്ട് മുത്തശ്ശിമാരും അമ്മായിയമ്മമാരും എല്ലാവരുമുണ്ട് ഒക്കെ വരിവരിയായി വന്ന് നന്ദഗോപുരുടെ ഗൃഹത്തിൽ തിരക്ക് കൂടി ഓരോരുത്തരായി കുഞ്ഞിനെ കയ്യിലെടുത്തു ആശിഷപ്രയുഞ്ചാണോഹം കുഞ്ഞ് നല്ലവണ്ണം നിറയെ വർഷം ആരോഗ്യത്തോടെ ആയുസ്സോടെ ഇരിക്കണം അതിന് സകലദേവതകളെയും അവര് സ്തുതിച്ചു വിളിച്ചു ചിരം പാഹീതിപാല ഗോപന്മാര് ആ ആനന്ദത്തില് തൈരും പാലുമൊക്കെ പരസ്പരം വർഷിച്ച് നർത്തനം ചെയ്തു നന്ദഗോപുരം വന്നവരൊക്കെ വേണ്ട വിധത്തിൽ സത്കരിച്ചു കൃഷ്ണൻ കണ്ണൻ ജനിച്ച ഉടനെ വ്രജഭൂമിയിൽ സമൃദ്ധി ഗോപസ്ത്രീകൾ ഇനി പാടാൻ പോകുന്നു ജയതികം ജന്മനാ വ്രജ ശ്രയതഇന്തിരാശ്വത ഭഗവാൻ ജനിച്ചതോടുകൂടി ലക്ഷ്മി അവിടെ സ്ഥിരവാസം ആരംഭിച്ചു അപ്പൊ പെട്ടെന്നൊരു സമൃദ്ധി അവിടെ ധാരാളം ധാന്യങ്ങളോ വൃക്ഷങ്ങളൊക്കെ ഫലഭൂയിഷ്ടമായിട്ട് തീർന്നു അപ്പോ കംസന് കരം കൊടുക്കാനായി നിശ്ചയിച്ചു